ദർശനം തോപ്പം ഭവിഷ്യതിച്ചത്രീതം തദപ്യോകാര ും രണ്ടിനും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല അറിവിനും കഴിയില്ല ഉഷേദിനും കഴിയില്ല പരസ്പരം അപേക്ഷിച്ച് നിക്കത്തുന്നു ഇത് അറിവാണ് ഇത് വിഷയമാണ് എന്നിങ്ങനെ രണ്ടിനെയും വേർതിരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞു നമ്മൾ സാധാരണ പറയാറുണ്ട് ആത്മാനാത്മവിവേകം അത്യന്തികമായി അത്തരം വിവേകമൊന്നും സാധ്യമല്ല അങ്ങനെ വിവേചിക്കാൻ രണ്ടില്ല ഇതാത്മാവാണ് ഇതാത്മാവാണ് എന്ന് നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണമെന്നുള്ള ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് അതൊന്നും പൂർണമായും ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് ആത്മാവിൽ നിന്ന് വേറിതിരിക്കാൻ ഒരു അനാത്മാവില്ല അദ്വൈതത്തിൽ അങ്ങനെ വരും ഒരാത്മാവ് അതൊന്ന് വേർതിരിക്കാൻ ഒരു അനാത്മാവ് അല്ലെങ്കിൽ അനാത്മാവിൽ നിന്ന് വേർതിരിയുന്ന ഒരാത്മാവ് അങ്ങനെയൊന്നുമില്ല അതാണ് ഇവിടെ വേദതരത്തിൽ പറയുന്നത് ചിത്രവും ചൈത്യവും അറിവും വിഷയവും അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് അന്യൂന്യ ദൃശ്യങ്ങളാണ് ചിത്രത്തോട് ചേർന്ന് വിഷയം നമുക്ക് അനുഭവപ്പെടുന്നു ആ വിഷയത്തിൽ നിന്ന് വേർപെടാതെ ചിത്തം അനുഭവപ്പെടുന്നു അതാണ് ഇന്യന്യ ദൃശ്യങ്ങളെന്ന് പറഞ്ഞിരുന്നു അനുദാഹരണം പറഞ്ഞു നമ്മൾ കരുതുന്നു എന്നാണ് ഒരു ജീവൻ ആ ജീവന്റെ ചിത്തം എന്നെല്ലാം കരുതുന്നു പറയുന്നു അവിടെ സ്വപ്നത്തിൽ ഹസ്തി ഹസ്തി ചിത്തം ആ വിദ്യ സ്വപ്നത്തിലാവുന്നില്ലല്ലോ ഹാവിവേകന സൂക്ഷ്മമായി ഗ്രഹിക്കുന്നവർ അതാണ് മനസിലാക്കുന്നത് എങ്ങനെ കഥ അടുത്തു പറയുന്നു ഇതിങ്ങനെ രണ്ട് തിരിവായിട്ട് നിൽക്കുന്നു ചിത്തം വേറെ ചൈത്യം വേറെ അറിവ് വേറെ വിഷയം വേറെ രണ്ടായിനെ മാറി നിൽക്കുന്ന രണ്ടാണ് രണ്ട് ദ്വൈതങ്ങളാണ് എന്നുള്ളതിന് പ്രമാണമൊന്നുമില്ല അത് നമുക്ക് യഥാർത്ഥമായി അറിയുന്നതിന് ഉപായമൊന്നുമില്ല അത് ബോധ്യപ്പെടുന്നതിനൊരറിവില്ല പ്രമാണജ്ഞാനമില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രമാണങ്ങളെല്ലാം ുന്നത് പ്രെന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ നമുക്ക് ശരിയായ അറിവിനുണ്ടാക്കിത്തരുന്നതാണ് പ്രമാണം പ്രമാണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല ഈ ദ്വൈതജ്ഞാനത്തിനാണ് അവിടെയാണ് പ്രമാണങ്ങൾ ആവശ്യമായിട്ട് വരും അദ്വൈതത്തിൽ പ്രമാണം പ്രവർത്തിക്കത്തില്ല ഉഭയം ഇവിടെ പറയുന്ന ചിത്തവും ചൈത്യവും അത് ഏകമാണെങ്കിൽ അത് അദ്വൈതമാണ് ലക്ഷണാശൂന്യമാണ് അതിന് പ്രമാണത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അത് മാത്രമാണെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ മറ്റൊന്നില്ല രണ്ടാമതൊന്നില്ല അതുകൊണ്ടാണ് ഇത് പ്രമേയമല്ല എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ചെന്ന് കണ്ടെത്താവുന്ന ഒന്നല്ല പറഞ്ഞു ലക്ഷണാശൂന്യം ഉഭയം എന്നിരിക്കണം ഇവിടെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ വിഷയങ്ങൾ വേറെ വേറെയാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വേറെ വേറെയാണ് ഇത് പരസ്പരം ഭിന്നങ്ങളാണ് എന്നൊക്കെ നമുക്കറിവുണ്ട് അതാണ് നമ്മുടെ ജാഗ്രസ്വപ്നാനുഭവങ്ങൾ ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനോട് അടുത്ത് പറയുന്നത് ഈ രണ്ടെണ്ണം ഏതാണോ അറിവും വിഷയവും വാസ്തവത്തിൽ നമ്മൾ ധരിക്കുന്നത് പോലെ ഈ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുകയോ വിഷയത്തെ ആശ്രയിച്ച് അറിവ് പ്രകാശിക്കുകയോ അല്ല ചെയ്യുന്നു അത് ധാരണയ്ക്ക് വന്നിട്ടുള്ള ഒരു പെസാണ് നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു പെസ നമ്മൾ എങ്ങനെയാണ് ധരിക്കുന്നത് നമ്മളെ ഈ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം എന്താണ് ആ വിഷയത്തെ ആശ്രയിച്ചറിവ് പ്രകാശിക്കുന്നത് രണ്ട് ശരിയാണ് ഞാനെന്താണ് ധരിക്കുന്നത് ഇത് പുസ്തകമാണ് എന്നുള്ളൊരറിവ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാലും എനിക്ക് എന്താ മനസ്സിലാകുന്നത് ആ അറിവ് ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നതാണ് നമ്മുടെ സാധാരണ അനുഭവം എങ്ങനെയാണ് അങ്ങനെ അനുഭവം അല്ലെന്നല്ല പറയുന്നത് ഇവിടെ പറയുന്നെന്താണോ തന്മതം ഇതിനൊരു മതിയുണ്ട് ഈ പ്രതിഭാസം എന്താണ് ചിത്തചൈത്യം എന്ന് പറയുന്ന ഈ പ്രതിഭാസം നിരന്തരം ഇതിനെ രണ്ടിനെയും കൂടി പ്രകാശിപ്പിക്കുന്ന ഒരറിവുണ്ട് ആ അറിവാണ് ആ ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുകയല്ല അത് സാധ്യമല്ല കാരണം ഇത് പരസ്പര സാപേക്ഷമാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ നമുക്ക് വേർതിരിക്കാൻ വയ്യ അതിന് കാരണം നേരത്തെ പറഞ്ഞെന്താണ് അടുത്തും പറയും ഇത് ചിത്രസ്പന്ദനമാണ് ഒരേ ചിത്രത്തിന്റെ സ്പന്ദനമാണ് ഒരേ ചിത്രം തന്നെയാണോ അറിവായും വിഷയമായും ഇരിക്കുന്നത് അത് നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥത്തില്ല നമ്മൾ പറയും സാറിന് എന്താണ് ഇതെല്ലാം എന്റെ സങ്കല്പമാണ് എന്റെ സങ്കല്പങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ആ അർത്ഥത്തിന് തന്നെ പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സഹനഗതിയും നമ്മൾ സങ്കല്പിക്കുന്ന ഒന്നും ഉണ്ടാകാറില്ല ഒരു വസ്തുവിന്റെയും സൃഷ്ടിത്തിന് നാശങ്ങളൊന്നും സംഭവിക്കത്തില്ല സംഭവിക്കും ഇന്ദ്രജാലക്കാരന്റെ സങ്കല്പം ഇന്ദ്രജാലക്കാരെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രജാലമായി ചിലതൊക്കെ പക്ഷെ സാഹ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെ സങ്കല്പിച്ചൊന്നും സൃഷ്ടിക്കാനും നശിപ്പിക്കാനൊന്നും സാധ്യമല്ല എന്തുകൊണ്ടാണോ ആ സങ്കല്പത്തിന്റെ ഓരോ സങ്കല്പത്തിന്റെയും വിഷയങ്ങളും സങ്കല്പവുമായി വേർപിരിക്കാൻ വയ്യ നമുക്ക് വിഷയത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല വേർപിരിച്ചാലും അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും നമ്മളെപ്പോഴും സൃഷ്ടിക്കുന്ന എന്താണ് നമ്മളിൽ നിന്നും വേറെയുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുന്നു അതേ നമുക്ക് സാധ്യമാവും നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിക്കാൻ വയ്യ എന്തിനു നമ്മുടെ ഒരു ഭാഗത്തെ പോലും നമുക്ക് സൃഷ്ടിക്കാൻ വയ്യ അതുകൊണ്ട് സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കാൻ വയ്യ എന്നാലും നമ്മളിതിന് ഒരു വിഷയ വിഷയിഭാവത്തെ കൽപ്പിക്കുന്നു പുസ്തകം വിഷയമാണ് പുസ്തകത്തെ അറിയുന്ന ആരവ് വിഷയി ആണ് എന്ന് കൽപ്പിക്കുന്നു വാസ്തവത്തിലുള്ള വിഷയി അതല്ലെന്നാ പറയുന്നു എന്തുകൊണ്ടല്ല കാരണം പുസ്തകത്തെ അറിഞ്ഞിട്ട് അടുത്ത ഉടനെ പേന അറിയുന്നു മേസ അറിയുന്നു ഇവിടെ വിഷയങ്ങളും വിഷയും മാറി മാറിപ്പോ അതിനൊരു സ്ഥായിത്വമില്ല അറിവും മാറുന്നു അറിവിന്റെ വിഷയങ്ങളും സ്വയം സ്വതന്ത്രമായി ഇതിന് നിലനിൽക്കാൻ പറ്റുന്നില്ല സൃഷ്ടിക്കൊരു സ്വാതന്ത്ര്യം വേണം നമുക്ക് മറ്റൊന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ ആ സൃഷ്ടിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം നമുക്ക് അല്ല സൃഷ്ടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ചിത്രത്തിന് ഇതെപ്പോൾ സാപേക്ഷമായിരിക്കുന്നുണ്ട് ഇതിന് സൃഷ്ടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതെപ്പോഴാണ് സൃഷ്ടിക്കുന്നത് കാരണം ഇത് സ്വയം തന്നെ ഇതിനൊരു ക്ഷണം നിലനിൽക്കാൻ വയ്യ അടുത്ത ക്ഷണം അത് മാറിക്കവും ഈ ക്ഷണത്തിലെ ജ്ഞാനമല്ല അടുത്ത ക്ഷണം ഈ ക്ഷണത്തിലെ വിഷയമല്ല അടുത്ത ക്ഷണം സ്വയം ക്ഷണികമായിരിക്കുന്ന സ്വതന്ത്രമല്ലാത്ത ഒന്നിനു ഇതിനെ സൃഷ്ടിക്കാൻ പറ്റുന്ന എന്നാൽ ഇത് പരസ്പര സാപേക്ഷമായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ബൌദ്ധന്മാരും മറ്റും ക്ഷണിക എന്ന് പറയുന്നത് ക്ഷണികവിജ്ഞാനം എന്ന് പറഞ്ഞ അവര് ന്മാർ അവരുടെ സിദ്ധാന്തം ആവിഷ്കരിക്കുമ്പോൾ അതിനും വരുന്ന ഏറ്റവും വലിയൊരു സമാധാനം ഒരു കാര്യം ഇതാണ് എങ്ങനെ ഈ ക്ഷണികമായ വിജ്ഞാനത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കും അങ്ങനവർക്ക് യുക്തിയുക്തമായൊരു മറുപടി വരാൻ കഴിയുന്നില്ല ഒരു ക്ഷണത്തിൽ തന്നെ സർവവും അവസാനിക്കുകയാണെങ്കിൽ അതിന് സൃഷ്ടി ക്ഷണയുടെ സ്ഥിതിക്ഷണയുടെ ശക്ഷണ ഇവിടെ അത് സംഭവിക്കത്തില്ല അത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോ ക്ഷണികവിജ്ഞാനവാദികൾക്കും പറയേണ്ടി അത് അത് സംഭവിക്കാൻ വഴിയില്ല അപ്പോ അജാതവാദത്തിൽ എത്തിച്ചേർന്നു അവിടെയും പറയുന്നത് എന്താണ് അത് പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല സൃഷ്ടസ്ഥി നാശങ്ങൾ സംഭവിക്കുന്നില്ല പിന്നെ ഈ ഇതിനെന്താ വിശദീകരണം ഇവിടെ അറിവും വിഷയങ്ങളും ഉണ്ട് ചെല്ലു പറയുന്നു അറിവും വിഷയങ്ങളെ സൃഷ്ടിക്കുന്നു അങ്ങനെയെല്ലാം അവർക്ക് വിഷയങ്ങളെ ആശ്രയിച്ചറിവ് പ്രകാശിക്കുന്നു എന്നെല്ലാം പറയുന്നു പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഒരു വസ്തുവിനെ കാണും ആ വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ ആ വസ്തുവിൽ പ്രകാശം ഉണ്ടായിരിക്കും എന്തായാലും നമുക്ക് കാണാൻ പറ്റും വസ്തുവിൽ പ്രകാശം നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റത്തില്ല എന്റെ കണ്ണിൽ പ്രകാശമുണ്ട് പക്ഷെ വസ്തുവിൽ പ്രകാശമില്ല കാണാൻ കഴിഞ്ഞില്ല വസ്തുവിൽ പ്രകാശം ഉണ്ടായാലേ കാണാൻ പറ്റും എന്താണ് പ്രകാശത്തെ ആശ്രയിച്ചാണ് ആ വസ്തുവിന്റെ ജ്ഞാനം നമുക്കുണ്ടായത് എന്ന് പറയും പക്ഷേ ആ വസ്തുവിലുള്ള ആ പ്രകാശത്തിന് മാത്രമേ ആ വസ്തുവിന്റെ ജ്ഞാനം നമുക്ക് ഉണ്ടാക്കിത്തരാൻ കഴിയുന്നു അതുകൊണ്ട് തിരിച്ചും പറയാം എന്താണ് ആ വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രകാശം അതാണ് വസ്തുവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കിയത് അവിടെ ഒരു പരസ്പര സാപേക്ഷം വരുന്നത് പോലെ ഇവിടെ പറയുന്നു ജ്ഞാനത്തിലും വിഷയത്തിലും ഒരു സാപേക്ഷതയുണ്ട് അതുകൊണ്ട് ഇവിടെയാണോ അന്യോന്യാശ്രയം വരുന്നത് അന്യോന്യാശ്രയം വരുന്നിടത്ത് ഒരു കാര്യം നടക്കത്തില്ല ഒരു ദോഷമാണ് ഏതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഭൂമിയിൽ നിൽക്കുകയാണ് രണ്ടുപേരും അവരവരുടെ കാലുറപ്പിച്ച് ഭൂമി നിൽക്കുകയാണ് നിന്നിട്ട് രണ്ടുപേരും ഒരേ സമയം പരസ്പരം തോളി കയറാൻ ശ്രമിക്കുകയാണ് ഇതാണ് അന്യോന്യ ആശ്രയം അവര് രണ്ടുപേരും ഒരേ സമയം ഭൂമിയിൽ നിൽക്കണം ഒരേ സമയം രണ്ടുപേരും പരസ്പരം തോളിൽ നിൽക്കുകയും വേണം തോളി കയറുകയും വേണം അത് നടക്കത്തില്ല ഒരാൾക്ക് സാധിക്കുമ്പോൾ മറ്റൊക്കെ സാധിക്കത്തില്ല ഫലത്തിനെന്തേരും ആ കാര്യം നടക്കത്തില്ല ലോകാവസാനം വരെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഒരേ സമയം രണ്ടുപേരും പരസ്പരം തോളിലിരിക്കത്തില്ല ഇതാണ് അന്യോന്യാശ്രയം അന്യോന്യാശ്രയമാണ് കാര്യമാണ് പ്രകൽപ്യന്ത ഏകലൊരു കാര്യത്തിൽ നമ്മൾ അന്യോന്യാശ്രയ ദോഷം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നടക്കത്തില്ല ഇവിടെ ജ്ഞാനവും വിഷയവും പരസ്പര ആശ്രിതമാണെന്ന് വന്നുകഴിഞ്ഞാൽ ഞാനും കൊണ്ട് വിഷയം പ്രകാശിക്കത്തില്ല വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനവും നിലനിൽക്കത്തില്ല ഈ പറയുന്ന രണ്ടും അസംബന്ധമാണ് എന്താണ് ഭൗതിക കാഴ്ചപ്പാടും ആത്മീയ കാഴ്ചപ്പാടും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭൗതികമായ കാഴ്ചപ്പാട് പറഞ്ഞാൽ വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനം പ്രകാശിക്കുന്നു ആത്മീയവാദികൾ പറയുന്ന എന്താണ് ജ്ഞാനത്തെ ആശ്രയിച്ച വിഷയം തന്നെയാണ് ഇത് രണ്ടു ശരി പിന്നെ ഏതാണ് ശരി തന്മേനീവ ഗൃഹ്യത്തെ തതി എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട് അതിനിത് പ്രകാശിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ നമ്മളീ മാറുന്ന അറിവും അറിവ് വിഷയമാക്കുന്ന ഈ മാറുന്ന വിഷയങ്ങളും ഇത് രണ്ടും നിസ്സഹായരാണ് ഇത് രക്ഷണാശൂന്യമാണ് ഉഭയം അതാണ് മുമ്പ് പറഞ്ഞത് ഇത് അനിർവചനീയമാണ് അതുകൊണ്ടാണ് അതിന് മായ ആവിദ്യകം എന്നെല്ലാം പറ മയന്നെല്ലാം പറയുന്ന ഒരിക്കലും സാധനഗതി നമുക്ക് ധരിക്കാമെന്നുള്ള ഒരു അർത്ഥമോ അത് ഇന്നുവരെ നമ്മൾ ധരിച്ച അർത്ഥമോ ആയിക്കൊള്ളണമെന്നില്ല വളരെ സൂക്ഷ്മമാണത് മായെന്നുള്ള ശബ്ദം ഇവിടെ പ്രയോഗിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ എത്ര സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ടി വരുന്നോ അത്രയും സൂക്ഷ്മമാണത് അപ്പം ഇത് രണ്ടും ഇങ്ങനെ പ്രകാശിക്കുന്നത് ഇത് ഇതിനൊരു ആധാരമുണ്ട് അതാണ് തച്ചിത്തത എന്ന് പറഞ്ഞത് അതിലിത് പ്രകാശിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് മായ എന്ന് പറയുന്നത് ഇതിനെ നിർവചിക്കാൻ കഴിയുന്നില്ല ഇതിന്റെ സ്വരൂപത്തെ നിർവഹിക്കാൻ കഴിയുന്നില്ല ഇതിനെ അംഗീകരിക്കാനും കഴിയുന്നില്ല നിഷേധിക്കാനും കഴിയുന്നില്ല അത് അംഗീകരിക്കാൻ പോയാൽ അത് അതിന് സമർത്ഥിക്കാൻ കഴിയുന്നില്ല പിന്നെ നിഷേധിക്കാൻ പോയാൽ ആ നിഷേധം തൊട്ട് അതുകൊണ്ട് പറയുന്നു ഈ അറിവും വിഷയവും ഒരു പ്രകാശത്ത് നിൽക്കുകയാണ് ഏതുപോലെ നമ്മളൊരു വസ്തുവിനെ കാണുന്നു കാണുമ്പോൾ പുറമെ ആ വസ്തു കൊണ്ട് ആ വസ്തുവിനെ കാണിച്ചു തരുന്ന പ്രകാശം നമ്മൾ സാധാരണ എഴുതിക്കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കണ്ണ് അതുകൊണ്ട് ആ പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ ആ വസ്തുവിനെ കണ്ടു നമുക്ക് പ്രാധാന്യമായി തോന്നുന്നത് ബാഹ്യവുമായ വസ്തുവും വസ്തുവിനെ കണ്ണുകൊണ്ട് കാണാൻ സഹായിച്ച പ്രകാശമാണ് പക്ഷെ ഇതിന് രണ്ടിനു തന്നെ അവിടെ അവിടെ പ്രാധാന്യത്തിനാണ് കണ്ണിനാണ് കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണിലിരിക്കുന്ന പ്രകാശം ആ കണ്ണിലിരിക്കുന്ന പ്രകാശം ഈ ബാഹ്യമായിരിക്കുന്ന പ്രകാശത്തെയോ അല്ലെങ്കിൽ ബാഹ്യമായിരിക്കുന്ന വസ്തുവിനെ അപേക്ഷിച്ച് നിലനിൽക്കുന്നതല്ല കണ്ണിന്റെ പ്രകാശമെന്ന് പറയുന്നത് എന്നൊക്കെ പറയാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രകാശം അതിനാണ് ഇവിടെ ചിത്തം എന്ന് പറയുന്നത് അപ്പോ വസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടപ്പോ അവിടെ മുഖ്യമായതെന്താണ് ഉള്ളിൽ നിന്നു വന്ന പ്രകാശമാണ് ചിത്തമാണ് ചിത്തമാണ് വസ്തുവിനെയും ബാഹ്യമായ പ്രകാശത്തെയും പ്രകാശിപ്പിച്ചത് അതാണ് മുഖ്യപ്രകാശം ഇത് ബാഹ്യമായ പ്രകാശത്തിനും വസ്തുവിനും സംഭവിക്കുന്നത് അവിടെ ഇതിന് രണ്ടിനെയും മുഖ്യമായി രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത് ചിത്തമായിരിക്കുന്നത് നമ്മുടെ ഈ ഉള്ളിലെ അറിവുകൾ അതിന് ആ അറിവ് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന ഒരു പ്രകാശമുണ്ട് ആ പ്രകാശത്തിലാണ് ഇത് പ്രകാശിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രത സ്വപ്നവും രണ്ടും ഒരുപോലെ മായാമയമാണ് അതിനല്ല പ്രാധാന്യം ബാഹ്യമായി കാണുന്ന ഈ വസ്തുവും ഈ പ്രകാശവും രണ്ടും മുഖ്യമല്ല ഉള്ളിലെ പ്രകാശമില്ലെങ്കിൽ ഈ പുറമേ ഈ വസ്തു പ്രകാശം ഇരുന്നിട്ടെന്താ കാര്യം അതുകൊണ്ട് വിശേഷിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉള്ളിലെ പ്രകാശം ഉള്ളതുകൊണ്ടാണ് പുറമേ ഉള്ള ഈ വസ്തു അല്ലെങ്കിൽ ഈ പ്രകാശം അതിന്റെ രണ്ടിന്റെയും സത്ത നമ്മൾ അറിയുന്നത് കൂടി ഉള്ളിലെ പ്രകാശമില്ലെങ്കിൽ പിന്നെ വസ്തു ബാഹ്യപ്രകാശം അതിന്റെ സത്തയ്ക്ക് വരെ പ്രമാണമില്ല ദക്ഷണ ശൂന്യം അതാണ് പറഞ്ഞത് അതിന് പ്രമാണമില്ല അതിന്റെ സത്തയെ സമർത്ഥിക്കാൻ ഒന്നുമില്ല നമ്മുടെ ഉള്ളിലെ അറിവില്ലെങ്കിൽ എത്ര പ്രകാശങ്ങളുണ്ടായാലും ഇത്ര വസ്തുക്കൾ ഉണ്ടായാലും ഒന്നിന്റെയും പ്രത്യക്ഷാനുഭവം നമുക്കുണ്ടാകത്തില്ല കാരണം അത് രക്ഷണാശൂന്യമാണ് അത് രണ്ട് ഉള്ള പ്രകാശമാണ് അതിന് ജീവൻ കൊടുക്കുന്നത് അതുപോലെയാണ് നമ്മുടെ സർവ അറിവുകളും സർവ വിഷയങ്ങളും അതിനെ ഗ്രഹിക്കുന്ന ഒരു മതിയുണ്ട് ആ മതിയിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തിരശീലയില് ചിത്രങ്ങൾ മാറുന്നത് പോലെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തൻ മതയെ നൈവ് ദ്രസ്യത്തെ ഇതിനെന്നെ ഗ്രഹിക്കുന്ന ഒരു മതിയുണ്ട് അതിനിങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ആ മതിയാണെങ്കിലും അത് മാറാത്ത മതിയാണ് ഇതങ്ങനെയല്ല ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് റിവും ഈ ബോധവും ജാഗ്രത സ്വഫനത്തിനും മാറിക്കൊണ്ടിരിക്കുന്നു ഇത് സ്ഥായില്ല അതാണ് നേരത്തെ പറയുന്നത് പരസ്പര അപേക്ഷിക്കുന്നതാണിത് സാപേക്ഷമാണ് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് പറയാൻ എന്താണോ അറിവില്ലെങ്കിൽ വിഷയമില്ല തിരിച്ചും പറയാൻ എന്താണ് വിഷയമില്ലെങ്കിൽ അറിവുമില്ല അങ്ങനെ നമ്മൾ ധരിക്കുന്ന എന്താണോ വിഷയമില്ലെങ്കിൽ പിന്നെ അറിവ് നിൽക്കുന്നു വിഷയമില്ലെങ്കിൽ ആരും നിൽക്കത്തില്ല പിന്നെ പറയാറുണ്ടല്ലോ വിഷയത്തെ അപേക്ഷിക്കാതെ അറിവ് അങ്ങനെ നിൽക്കും എന്ന് പറയാറുണ്ടല്ലോ അതിവിടേക്ക് പറയുന്നു സുഷുപ്തി അതാണ് ഇവിടെ പറയുന്നത് തന്മതി എന്ത് ഈ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും മതി അവിടെയാണ് ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഒന്നുണ്ട് അതാണ് സുഷുതിയിൽ നിലനിൽക്കുന്നത് അവിടെ രണ്ടുമില്ല എന്താണ് അറിവുമില്ല വിഷയവുമില്ല അറിവും വിഷയവും ഉണ്ടോ അത് പരസ്പരം ആശ്രിതമായിട്ട് നിലനിൽക്കും ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിന് നിലനിൽക്കാൻ പറ്റും അത് രണ്ടുമില്ലെങ്കിലോ പിന്നെ നിൽക്കുന്നത് തന്മതി കേവലമായ മതി അത് ആണ് വാസ്തവത്തിൽ ഇതിനെ പ്രകാശിപ്പിക്കുന്നത് അല്ലാതെ ഇതിന് ഒന്നിനെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ശേഷി വാസ്തവത്തിൽ എല്ലാത്തിനെയും അറിയിക്കുന്ന അറിവിനല്ല നമ്മൾ അറിവെന്ന് ധരിച്ചിരിക്കുന്നു െല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അതിനെയല്ല നമ്മൾ അറിവെന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് പല സ്ഥലത്തും അറിവ് ചിത്തം മനസ്സ് എന്നൊക്കെ ഇങ്ങനെ വേറെ തിരിച്ചെടുക്കുന്നു നമ്മളുടെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് പ്രദക്ഷിണം അത് തന്നെ നമ്മൾ വാസ്തവത്തിൽ അറിവെന്ന് ധരിക്കുന്നു ഇവിടെ പറയുന്ന ഇവിടെ ുണ്ട് ആ മതിയിലെ ദൃശ്യങ്ങളാണ് ഈ അറിവും വിഷയങ്ങളും തന്നെ ഇവിടുത്തെ വിഷയയും വിഷയവും പരമാർത്ഥത്തിലുള്ള ഒരു വിഷയിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ വിഷയവും വിഷയവും അതുകൊണ്ട് അറിവും വിഷയവും സാവേക്ഷമാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്നു എന്താണ് ഈ ജാഗ്ര നമ്മുടെ അനുഭവത്തിൽ തന്നെ ക്ഷണികമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ആ അറിവ് വിഷയമാകുന്ന വിഷയങ്ങൾ ഇതെല്ലാം സാപേക്ഷമാണ് ഇതൊന്നും സ്ഥായിയല്ല എന്നാൽ ഇതിന്റെ ഒരു മയം അതാണ് വാസ്തവത്തിലുള്ള അറിവെന്ന് പറയുന്നത് അറിവിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത് ഇത് മാത്രമല്ല സ്വപ്നവും ജാഗ്രത്തും പ്രകാശിക്കുന്ന അതിലാണ് അതാണ് പ്രജ്ഞാനഘനനായി സുഷുത്തിയിലിരിക്കുന്നത് അതിനാണ് പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞത് അത് നിരപേക്ഷമാണ് അവിടെ അറിവും വിഷയങ്ങളുമില്ല അതുകൊണ്ടാണ് നമുക്ക് സുഷുതിയിൽ ഒന്നിനെ അറിയാൻ കഴിയാതെ സുഷ്ടമ ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അത് പ്രജ്ഞാനഘനമായിരിക്കുന്നത് അതിനാണ് തന്മത്തേ നെയ്വ അതിനാൽ ദൃശ്യതേ ഇത് സർവവും ഗ്രഹിക്കപ്പെടുന്നു ഇത് ഇവിടെ എങ്ങനെ വിശദീകരിച്ചത് അറിവെന്നും മറ്റും പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് പലതരത്തിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ മായികമായ മനസ്സിന്റെ അവസ്ഥ അതല്ല ഇവിടെ പറയുന്ന അറിവ് നമ്മളിപ്പോ നമ്മളിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ജ്ഞാനം ഇതെല്ലാം മായികമായ ജ്ഞാനങ്ങളാണ് എന്തിനും ബ്രഹ്മജ്ഞാനം പോലും നമ്മൾ സൃഷ്ടിക്കുന്നത് മായികമാണ് അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ൊരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അതും ഒരു ഭാനമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു സാധാരണ ഈ ഭാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഭാനം അതുകൊണ്ടുതന്നെ തുരിയ ഭാനം എന്ന് പറയും അതും പരമാർത്ഥമല്ല അതും എന്താണ് തന്മതേ നീവഗ്രഹ്യത്തെ മതി അപ്പം അതിനെ നമുക്ക് പറയാം എന്താണ് മഹാമതി എന്ന് പറയാം അത് അതിനെ പ്രകാശിപ്പിക്കുന്നു അല്പമതി ഇതിന്റെ രണ്ടിനെയും വിവേചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അത് പറഞ്ഞ് വരുന്നതിന്റെ താല്പര്യമാണ് ഇത് രണ്ടും ഒരുപോലെ ദക്ഷിണാശീന്യമാണ് മായാമയമാണ് ഇവിടെ എന്തെങ്കിലും അറിവുണ്ടായിട്ട് അതിലഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രഹ്മജ്ഞാനമായാലും ശരി അതിനഭിമാനിക്കത്തക്കതൊന്നുമില്ല അത് സാപേക്ഷമാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആദ്യം ഈ മായ കൊണ്ട് ഒരു ബ്രഹ്മത്തെ സൃഷ്ടിക്കണം ബ്രഹ്മം എന്ന് വെച്ചാൽ ബൃഹത്തായതെന്നാണ് ഏറ്റവും ബൃഹത്തായ ഒരു ബ്രഹ്മത്തെ അതിൽ സൃഷ്ടിക്കേണ്ടി വരും നമ്മുടെ കർപ്പനെ സൃഷ്ടിച്ച പിന്നെ ആ സൃഷ്ടിച്ച ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ടി വരും സാധാരണ ബ്രഹ്മജ്ഞാനികളെല്ലാം അവരവർ തന്നെ സൃഷ്ടിക്കുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനികളാണ് കാരണം അങ്ങനെ അത് സാധ്യമാവും കാരണം ഇത് മായാമയമാണ് ജാഗ്രത സ്വപ്നവും മായാമയമാണ് ഇവിടുത്തെ ജ്ഞാനവും വിഷയങ്ങളും മായാമയമാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലാതെ ഇതിൽ പ്രകാശിക്കുന്ന ഒന്നും ബ്രഹ്മമല്ലി ഘടമതിം പ്രത്യാഖ്യായ ഘടോ ഗൃഹ്യത ഇവിടെ ഏത് തരത്തിലുള്ള ജ്ഞാനത്തെ നിങ്ങൾ ആർജിച്ചാലും എത്ര ശ്രേഷ്ഠമായ ജ്ഞാനമായാലും ശരി അത് സാപേക്ഷമാണ് അത് പൂർണമല്ല പരിഛിന്നമാണ് അത് ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു ഇവിടെ ശാസ്ത്രം എപ്പോഴും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് എല്ലാം ഇതിന് പിന്നിലുള്ള ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു മതിയെക്കുറിച്ചാണ് നമ്മൾ മതി എന്നുവെച്ചു കഴിഞ്ഞാൽ ചിത് എന്ന് പറയുന്നത് ചിത്തന്നോ ചിത്തമെന്നോ മതിയെന്നോ ബോധം വന്നോ അറിവെന്നോ ബ്രഹ്മം വന്നോ ആത്മാവെന്നോ പല പേരുകളിൽ പറയും ശബ്ദം മാറുന്നുള്ള അർത്ഥം മാറത്തത് മലയാളത്തിൽ പറയുന്ന മതിയല്ല അതാണ് തിരിച്ചു കളയുന്നത് മലയാളത്തിൽ മതി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ് ഇവിടെ പറയുന്നതല്ല മതി മതി നിറമ്പ് ഇത് മതി ഇവിടെ വെച്ച് നിർത്ത സമയമായി എന്ന് ധരിച്ചതാര് സംസ്കൃതത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു മതി എങ്ങനെ അതെ ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞാലും ചിത്തന്ന് പറഞ്ഞാലും ചിത്തം എന്ന് പറഞ്ഞാൽ എല്ലാം പോലെ അർത്ഥങ്ങൾ ഇവിടെ പ്രാധാന്യം അർത്ഥത്തിനാണ് ശബ്ദത്തെ ശ്രദ്ധിക്കാൻ പോയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷം അതുകൊണ്ട് ഇവിടെ പക്ഷേ ആചാര്യൻ കരികയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആശയത്തിന് ശബ്ദത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നത് എന്തിന് ശബ്ദത്തിന്റെ നിയമങ്ങളെപ്പോലും പലപ്പോഴും പാലിക്കാറില്ല തന്റെ മനസ്സിൽ വരുന്ന ആശയത്തെ പ്രകടമാക്കാൻ ഏത് ശബ്ദവും പ്രയോഗിച്ചോളെ തനിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് ശബ്ദവും പ്രയോഗിക്കും പിന്നത് തന്നെ അയക്കണമെന്നില്ല പക്ഷെ അതുകൊണ്ട് ലക്ഷ്യമാകുന്ന ഒരർത്ഥത്തെ ആയിരിക്കും അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളെല്ലാം ചിത്തം ചിത്ത് മതി ഇതെല്ലാം ഉപയോഗിക്കുന്നത് ശബ്ദത്തിനല്ല ഇവിടെ പ്രാധാന്യം അർത്ഥത്തിനാണ് പലപ്പോഴും അർത്ഥത്തിന് പറ്റിയ ശബ്ദം കിട്ടിയില്ലെന്ന് വരും കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ശബ്ദം പ്രയോഗിക്കുക അതേ ഉള്ളൂ പ്രകരണം സന്ദർഭം അനുസരിച്ച് ശ്രോതാവുദ്രഹിച്ചവണ്ണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് എന്ന ശബ്ദമേ പാടുള്ളൂ എന്നോട് നിർബന്ധമൊന്നുമില്ല ഇതിന്റെ പരസ്പര സാപേക്ഷതയെ കുറിച്ച് പറയുകയാണ് പറയുന്നു അറിവ് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് ശരിയല്ല അല്ലെങ്കിൽ വസ്തുക്കൾ സ്വതന്ത്രമായി നിൽക്കുന്നു അതിനറിവ് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അത് ശരിയല്ല ആ ബോധത്തെ വിട്ടിട്ട് വസ്തുവിനെ ഗരിക്കുക അത് ആർക്ക് കഴിയും മുമ്പിലിരിക്കുന്ന വസ്തുവിലുള്ള പ്രകാശത്തെ മാറ്റിയിട്ട് കണ്ണുകൊണ്ട് ആ വസ്തുവിനെ കാണുക അതിനുള്ള സാമർഥ്യം ആർക്കുമില്ല ഒരു കണ്ണിനുമില്ല കണ്ണുകൊണ്ട് അതിനെ ഗ്രഹിക്കണം പക്ഷെ പ്രകാശത്തെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്യണം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല പിന്നെ സങ്കല്പിക്കാനും പറ്റുന്നില്ല പ്രകാശമില്ലാത്ത ആ വസ്തുവിനെ കണ്ടതായി നമ്മൾ സങ്കല്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല കണ്ടുവെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തുവരും വെളിച്ചവും വസ്തു വരും കാരണം വെളിച്ചത്തോടുകൂടിയേ വസ്തുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തുള്ളു ഇല്ലെങ്കിൽ അന്ധത അന്ധകാരം വസ്തുജ്ഞാനമില്ല അവിടെ അതുപോലെ ഇവിടെ വിഷയം കുറിച്ച് ബോധം എന്ന് പറയുക എന്നിട്ട് അതിൽ നിന്ന് വിഷയത്തെക്കുറിച്ചുള്ള ബോധമെന്ന് പറഞ്ഞിട്ട് ആ ബോധത്തെ നിരാകരിക്കുക അതങ്ങനെ സാധ്യമാകും പിന്നെ ഇങ്ങനെ വിഷയബോധം അങ്ങനെ പറയുന്നതിന് മുന്നേ അർത്ഥമുണ്ടല്ലോ അപ്പം അതിനെ തിരിക്കാൻ പറ്റുന്നില്ല വേർതിരിക്കാൻ കഴിഞ്ഞു അഭേദമാണ് അതുകൊണ്ടാണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞെന്താണോ ഇത് ചിത്തസ്പന്ദനമാണ് ചിത്തം എന്താണ് അടുത്ത് പറയുന്നത് തുര്യൻ തന്നെയാണ് അസംഖമായ തുര്യൻ തന്നെയാണ് അവന്റെ സ്പന്ദനമാണ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും അത് സ്പന്ദിക്കുന്നു സ്പന്ദിക്കുമ്പോൾ വിഷയവും അറിവും ആ തുര്യനിൽ സ്പന്ദനങ്ങളായി നിലനിൽക്കുന്നു അത്രയുള്ളൂ അതാണ് തുര്യനെ തന്മതി എന്ന് പറഞ്ഞത് ആ പറഞ്ഞ ദൃഷ്ടാന്തം പോലെ ദർപ്പണത്തിൽ ദൃശ്യങ്ങൾ പ്രകാശിക്കുന്നു അവിടെ ഒരു വ്യത്യാസമുണ്ട് ദർപ്പണത്തെയും ദൃശ്യങ്ങളെയും കാണുന്ന ഒരുവൻ മൂന്നാമൻ ഒരുവൻ വേണം എന്നാലെ പ്രകാശിക്കും എന്തുകൊണ്ട് രണ്ടും ചടമാണ് ദൃഷ്ടാന്തം പൂർണമല്ല ഇവിടെ അങ്ങനെയല്ല തുര്യൻ തുരിയന്റെ സ്പന്ദന രൂപത്തിൽ ജാഗ്രത്വ സ്വപ്നവും നിൽക്കുന്നു തുരിയൻ അസ്പന്ദമായി നിൽക്കുന്നു സുഷക്തി അവിടെ സ്പന്ദിക്കുന്നില്ല ആ ജാഗ്രതനെയും സ്വപ്നത്തെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ് ഇത് ചിത്തസ്പന്ദനമാണ് തുര്യൻ എന്നുള്ള പേര് നമുക്ക് ഒഴിവാക്കാം കാരണം എന്തുകൊണ്ട് തുര്യൻ അസംഘനാണ് നിർവീകാരനാണ് നിർവീകാരനായിരിക്കുന്ന തുര്യൻ എങ്ങനെ സ്പന്ദിക്കും സാധ്യമല്ല നിർവികാരതയിൽ സ്പന്ദനങ്ങളൊന്നും ഉണ്ടാകുമില്ല പക്ഷേ എന്തിനും സമാധാനം തരുന്നതാണ് മായ മായാമയമായ അത് സംഭവിക്കാം നിർവികാരതയിൽ സ്പന്ദനം സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന എന്താണ് അതൊരു പരമാർത്ഥമാണ് സത്യമാണ് നിർവികാരമായ അസംഗമായ ഒന്നിന് സ്പന്ദന സംഭവിക്കത്തില്ല അത് പരമാർത്ഥമാണ് ആ പരമാർത്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ മായ കൂടി സ്വീകരിക്കുന്നു ബന്ധുവരും പരമാർത്ഥമല്ലാതെ സംഭവിക്കാമല്ലോ അതാണ് ജാഗ്രത സ്വപ്നം അപ്പൊ ജാഗ്രത സ്വപ്നത്തിനും പരമാർത്ഥമല്ലാതെ അസംഗമായിരിക്കുന്നതിന് സ്പന്ദനം സംഭവിക്കാം അപ്പൊ പിന്നെ അതിനെന്തിനാ അതെന്ന് പറയുന്നത് ചിത്തമാണ് അവിടെ സ്പന്ദിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ തിരിയൻ എന്നുള്ളത് അങ്ങ് മാറ്റി തിരിയൻ തന്നെ മായാമയനായപ്പോ എന്തായ ചിത്തമായി അതുകൊണ്ട് പറയുന്ന എന്താണിത് ചിത്തസ്പന്ദനമാണ് മനസ്സ്പന്ദനമാണ് അപ്പോ പരമാർത്ഥത്തിൽ തന്നെ അപരമാർത്ഥമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാതെ സംഭവിക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത് അതാണ് മായയും പരമാർത്ഥവും തമ്മിലെ ബന്ധം അതുകൊണ്ട് അദ്ദേഹത്തിൽ അത് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മായെ സ്വീകരിക്കുന്നതുകൊണ്ടല്ലെങ്കിൽ അവിദ്യയെ സ്വീകരിക്കുന്നതുകൊണ്ട് രണ്ടും ഒന്നു തന്നെ ഒന്നായിട്ടാ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സാധാരണ ധാരണയെ ഘടമതി പ്രത്യാഖ്യായ ആ ബോധത്തിൽ നിന്നും നമ്മുടെ ഈ ബോധത്തിൽ പ്രകാശിക്കുന്ന ഈ വിഷയത്തിൽ നിന്നും ബോധത്തിന് വേർതിരിക്കുക സാധ്യമല്ല നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന ആത്മാനാത്മവിവേകം അത് നമ്മൾ ധരിച്ചിരിക്കുന്ന തരത്തിൽ സാധ്യമല്ല നാവേ ഘടം പ്രത്യാഖ്യായ ഘടമതി മറിച്ച് പറയാണ് ആ വസ്തുവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി അറിവ് നിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് വസ്തുവിനെ ആശ്രയിക്കാതെ ഈ അറിവ് എവിടെ നിൽക്കും നീക്കത്തില്ല എന്തുകൊണ്ടത് വസ്തുവിന്റെ അറിവാണ് ഈ അറിവെന്ന് പറയുന്നത് പുസ്തകത്തിന്റെ അറിവാണ് ഞരുന്നില്ല ഇത് പുസ്തകം പുസ്തകത്തെ ഞാൻ അറിയുന്നു എന്നിൽ പുസ്തകത്തിന്റെ അറിവുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ഈ അറിവ് പുസ്തകത്തിന്റെ അറിവായതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ വിട്ടിട്ട് ആ അറിവിൽ നിൽക്കാൻ പറ്റത്തില്ല അത് അഭേദമായിട്ട് അത് ഒന്നിന്റെ തന്നെ പരിണാമമാണ് ഒന്നിന് തന്നെ വിഷയവിഷയിഭാവത്തെ പ്രാപിച്ചാണ് ഒരേ തിരിയിൽ തന്നെ വിഷയവിഷയിഭാവത്തെ പ്രാപിച്ചാണ് അവിടെ വിഷയമായി പുസ്തകം വിഷയി പുസ്തകത്തിന്റെ അറിവ് വിഷയി ഒന്ന് തന്നെ അങ്ങനെ മാറിയതാണ് ഏകവും അസംഘവുമായിരുന്ന തുരിയും തന്നെ രണ്ടായി മാറി പിന്നെ അത് അനന്തമായി മാറി അതങ്ങനെ സംഭവിക്കും അതിന് സമാനം പറഞ്ഞു അത് മായ ിയും പറയും പറയും സം അതുകൊണ്ടത് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും എന്താണോ നഹി നാവിടം പ്രത്യാഖ്യായ ഘടമി വിഷയത്തിൽ നിന്ന് പിരിഞ്ഞ് അറിവിന് നീക്കാൻ പറ്റത്തില്ല വിഷയത്തെ തള്ളിക്കളഞ്ഞിട്ട് അറിവിൽ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അറിവ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല വിഷയത്തെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരറിവ് നമ്മൾ പ്രദീക്ഷിണ അറിവ് ഉണ്ടായി മാറുന്നുണ്ട് അവിടെയെല്ലാം വിഷയങ്ങളും ഉണ്ടായിരിക്കും വിഷയശൂന്യമായ അറിവ് അങ്ങനെ ഒന്നുമില്ല ഇതിന്റെ സാപേക്ഷത അങ്ങനെയാണെങ്കിൽ ഇത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണെങ്കിൽ അതാണ് പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടൊരു കാര്യവും നടക്കത്തില്ല അന്യോന്യാശനങ്ങളടുത്തൊരു കാര്യവും നടക്കത്തില്ല നമ്മൾ ധരിക്കുന്നത് പോലെ ഈ അറിവ് ആ വിഷയത്തെ അറിഞ്ഞു അല്ലെങ്കിൽ ആ വിഷയം അറിവിനെ പ്രകാശിപ്പിച്ചു എന്നെല്ലാം ധരിക്കുന്നത് അസംബന്ധമാണോ മറിച്ച് ഈ അറിവിനേയും വിഷയത്തെയും പ്രകാശിപ്പിക്കുന്നു ഒരറിവുണ്ട് പുറമേയിരിക്കുന്ന ഈ വസ്തുവിനെയും ആ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരറിവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു അതുപോലെ നിരന്തരം അറിവിനെയും വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു ഒന്നുള്ളതാണ് തിരിയത് അതിനൂടെ തൻമതേ നൈവഗ്രഹീത തൻമതി എന്ന് പറയുന്നതാണ് മതം എന്ന് പറഞ്ഞ മതി അപ്പോ ഇതിന്റെ ആത്യന്തികമായ സമാധാനം ഇതാണ് ഈ അറിവും വിഷയങ്ങളും അല്ലെങ്കിൽ ഈ ജാഗ്രത സ്വപ്ന സ്വപ്നവും ഒരു മഹാമതിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിനിതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത് അസംഗമാണ് പൂർണ്ണമാണ് എന്നാലും അതിന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സംഭവിക്കാൻ പാടില്ലാത്തതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ തസ്മിൻ തദ്ബുദ്ധി ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധ്യാസം എന്ന് പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ഇതിന് മായ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടിവിടെ എന്താണ് ഇവിടെ തുര്യൻ എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അപ്പൊ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു കാര്യം ഇത് ഒരു മതിയിൽ ഇത് പ്രകാശിക്കുകയാണ് പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അറിവും വിഷയവും ഒന്നിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ പറയുക അതിന് ജാഗ്രത എന്ന് പറയും ഈ അനുഭവത്തിൽ നമ്മൾ പറയും ജാഗ്രത ജാഗ്രതത്തിൽ ഈ അറിവും പരസ്പര ആശ്രിതമായിരിക്കുന്ന അറിവും വിഷയവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പറഞ്ഞു അത് ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു ശരിയല്ല രണ്ടും ദുർബലമാണ് അന്യോന്യ ദൃശ്യം ഇതരേതര ഗമ്യം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് പരസ്പരം പ്രകാശിപ്പിക്കുന്നില്ല പേക്ഷമാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട് ഇപ്പോ ഈ അറിവും വിഷയങ്ങളും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ പ്രകാശിപ്പിക്കുന്ന അതിപ്പോഴും ഉണ്ടായിരിക്കും ജാഗ്രത എന്നാലേ ഇത് പ്രകാശിക്കത്തുള്ളു അങ്ങനെയാണ് സ്വയം പ്രകാശിക്കുന്ന അറിവെന്ന് പറയുന്നത് ആ സ്വയം പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അറിവ് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്നെല്ലാം നമ്മൾ പറയുന്നു അത് ഈ ജാഗ്രതത്തിലും ഉണ്ടായിരിക്കും ജാഗ്രതത്തിലും അതാണ് ഈ വിഷയങ്ങളെയും അറിവിനെയും നിലനിർത്തുന്ന അതാണ് അത് തന്നെയാണ് തുര്യൻ എന്ന് പറയുന്നത് അപ്പോൾ തുര്യൻ എന്ന് പറയുന്നത് ആണ് ഈ ജാഗ്രത്തിന്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം അതാണ് തുര്യൻ എന്ന് പറയും അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു തുര്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്യാർത്ഥം എടുക്കരുത് നാലാമത്തെന്നുള്ള അർത്ഥമാണ് തുര്യൻ തന്നെയാണ് ഇവിടെ ജാഗ്രത്തിൽ ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് ജാഗ്രത് പ്രപഞ്ചത്തെ ജാഗ്രത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ജാഗ്രത അനുഭവങ്ങളും ജാഗ്രത വിഷയങ്ങളും ചേർന്ന് പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ് തിരിയുന്നത് ഇവിടെ ഇപ്പോ ഉള്ളതാണ് വാസ്തവത്തിൽ നിലനിൽക്കുന്നതാണ് തിരിയുന്നത് അതുപോലെ വാസ്തവത്തിൽ നിലനിൽക്കുന്നതാണ് തിരിയുന്നത് സുഷുപ്തിയിലും അങ്ങനെ അവിടെ വാസ്തവത്തെ നിലനിൽക്കുന്നതാണ് തിരിയൽ എന്നാൽ അത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ നിന്നല്ല അതിനൊരു വ്യത്യാസമുണ്ട് സ്വപ്നം സുഷുപ്തി ഇതെല്ലാം നമുക്ക് കൈവിട്ടു പോകും സുഷുപ്തൻ ഒരിക്കലും കൈവിടുന്ന ഈ തുരിയൻ കൈവിടുന്നവനല്ല ഈ മൂന്നിൽ നിന്നും അത് വിലക്ഷണനാണ് വിലക്ഷണൻ അതുകൊണ്ടാണ് അതിനെ നാലാമത്തവൻ എന്ന് വിളിക്കുന്നത് ചെറിയ ചോദിക്കും അതിവിടെയുമുണ്ട് ജാഗ്രത സ്വപ്നത്തിനും സുഷ്ടുണ്ടെങ്കിൽ പിന്നെ നാലാമത്തവൻ എന്നതിന് പറയണം നാലാമത്തവൻ എന്ന് പറയുന്ന അതുകൊണ്ടാണ് നാലാമത്തതെന്ന് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ജാഗ്രത നോക്കിയിരിക്കാൻ കഴിയുന്നു സ്വപ്നത്തിൽ കഴിയുന്നുണ്ടോ ആഗ്രഹിച്ചാൽ സുഷുവിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ അത് കഴിയുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ മൂന്നവസ്ഥയിൽ നിന്നും നിരക്ഷണമായിരിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവത്തോട് കൂടിയത് എന്നുള്ള അർത്ഥത്തിലാണ് നാലാമത്തത് അതുകൊണ്ടാണ് അതിന് അവസ്ഥ പറയുന്നത് തിമൂന്നിനി അവസ്ഥ എന്ന് പറയുന്നതാണ് അല്ലാതെ നമ്മൾ ദാസന ധരിക്കുന്നത് പോലെ ജാഗ്രതത്തിലില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല ജാഗ്രതത്തിൽ നിലനിൽക്കാത്തതെന്നല്ല ജാഗ്രത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് തിരിയൻ അത് ജാഗ്രതയിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്വപ്നം ത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് സ്വപ്നത്തിനുണ്ടായാലേ പറ്റും സുഷുപ്തിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്നാൽ മൂന്നിൽ നിന്നും വ്യത്യസ്തവുമാണ് അതുകൊണ്ട് നാലാമത്തേതായി അതാണ് തിരിയൺ നാലാമത്തവൻ എന്ന് അതാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് അത് മായി സ്പന്ദിക്കുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങൾ അസ്പന്ദമായിരിക്കുമ്പോൾ സുഷുപ്തി സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതും ആവേക്ഷികമാണ് നിരപേക്ഷമായ നിലയിൽ അതിനെ നമ്മൾ സുഷുപ്തനെന്നും പറയുന്നില്ല അതുകൊണ്ട് തെരീനെന്ന് പറയുന്നു അതിനെ സുഷുപ്തനോടും താരതമ്യം ചെയ്യണ്ട കാരണം അതും മാറിപ്പോകുന്നതാണല്ലോ അവിടെയും നോക്കി ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അവിടെ അജ്ഞാനമുണ്ടെന്നോ വാസന ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തൊക്കെ വിവാദങ്ങൾ നടത്തിയാലും ശരി അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ നോക്ക് മുക്തരാകാൻ പറ്റുന്നില്ല എന്നാൽ കാര്യങ്ങൾ എളുപ്പമായി അതുകൊണ്ട് പറയുന്ന എന്താണ് നാലാമത്തവൻ തുരിയൻ അത് തന്നെയാണ് ഇതിന്റെ ആധാരമായിരിക്കുന്നത് അതിൽ ഇത് നിലനിൽക്കുന്നു ഇന്ദ്രജാലത്തിലെ ദൃശ്യങ്ങൾ കാനയ്ക്കും കുതിരയ്ക്കും എല്ലാം ആ ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണോ ആധാരമായിരിക്കുന്നത് അതവന്റെ സൃഷ്ടിയാണല്ല അതുപോലെ തുരിയന്റെ സുര്യൻ ഇതിനെ നിലനിർത്തുന്നു അതുകൊണ്ട് നമുക്ക് പറയാം ഇത് തുര്യന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയെന്ന് പറയുമ്പോ ആ തുര്യന്റെ വിശേഷങ്ങളോടൊന്നും അത് പൊരുത്തപ്പെടത്തില്ല അസംഗത നിർവികാരത അതുകൊണ്ടവിടെ സുര്യൻ എന്നുള്ള ശബ്ദം വിട്ടിട്ട് പറയുന്നു ചിത്തം മനസ്സ് എന്നെല്ലാം പറയും അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള നമ്മുടെ അനുഭവത്തിന്റെ ഈ തലം പരമാർത്ഥത്തിന്റെ തലം രണ്ടു തുമുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞത് ന ഹി ഘടമീം പ്രത്യാഖ്യായും ഇത്യഭിപ്രായ നമ്മൾ സാധാരണ നമ്മുടെ ഈ അനുഭവത്തെ ഈ അനുഭവത്ത് ജാഗ്രത അനുഭവത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന തത്വചിന്തകൾ എന്ന അസംബന്ധമാണെന്നാണ് ഇവിടെ പറയുന്നത് കേവലം ജാഗ്രത അനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കൽപ്പനകൾ ത്രിത്തത്ര ഈ ജാഗ്രത്തിലെ പ്രമാണ പ്രമേയ ഭേദ ജാഗ്രത എന്ന് പറയുന്നത് എന്താണോ ഇത്രയേ ഉള്ളൂ ജ്ഞാനവും വിഷയവും അതാണ് ജാഗ്രത നമുക്കിവിടെ കുറെ അറിവുണ്ടാകുന്നു നമ്മുടെ മുമ്പിൽ കുറെ വിഷയങ്ങളുണ്ട് ബാക്കി സർവവും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു അറിവിനെ തുടർന്ന് വരുന്ന ഇച്ഛ ഈ രണ്ടിലും അന്തർഭവിച്ചത് സർവത്ര അറിവും വിഷയങ്ങളുമാണ് സർവ്വവും കർമ്മവും എല്ലാം ഇവിടെ നമ്മൾ പ്രമാണ പ്രമേയ ഭേദം കൽപ്പിക്കുന്നുണ്ട് എങ്ങനെ ഇത് വസ്തുവാണ് ഈ വസ്തുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു പിന്നെ അറിവുകൊണ്ടറിഞ്ഞു അതിന് ഇന്ന ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചു ഇത് പ്രമാണമാണ് എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം പ്രമേയമാണ് ഇതിന് ഞാൻ കണ്ണുകൊണ്ടറിഞ്ഞു അതുകൊണ്ടിത് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിഞ്ഞു ഇങ്ങനെ പ്രമാണ പ്രമേയ ഭേദങ്ങളിലൂടെ ഇതിന് നമ്മൾ ഭേദം കൽപ്പിക്കുകയാണ് ഇതറിവ് വേറെയാണ് വിഷയം വേറെയാണ് ഇങ്ങനെ അറിവിനും വിഷയത്തിനും ഭേദം കൽപ്പിക്കുന്നു ഇത് ശരിയല്ലെന്നാ ഇവിടെ പറയുന്നു കാരണം ഇതൊന്നാണ് ഒന്ന് തന്നെ സ്പന്ദിച്ചിരിക്കുന്നതാണ് അതിന് പറയുമല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രസിദ്ധമായ ഉദാഹരണം ഒരേ സ്വർണം തന്നെ പല ആഭരണങ്ങളായിരിക്കുന്നു പക്ഷേ എത്ര പറഞ്ഞാലും നമുക്ക് അതിന് വെവ്വേറെ അറിയാൻ കഴിയുന്നുള്ളൂ ഒന്നായി അറിയാൻ ഒന്നാണെന്നറിയാം എന്നാൽ ഒന്നായി അറിയാൻ കഴിയുന്നു നമുക്കറിയാം വളയും കമ്മലും മോതിരവും എല്ലാം പക്ഷേ അതിൽ അഭേദ ബുദ്ധിപരങ്ങൾ നമ്മൾ ഒരിക്കലും വളയെ കമ്മലെന്ന് പറയാൻ കഴിഞ്ഞില്ല കമ്മലിന്റെ വളയെന്ന് പറയാൻ കഴിഞ്ഞില്ല ഈ ഭേദം കാരണമായിരിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് കാരണമായിരിക്കുന്നത് എന്താണ് അവിടുത്തെ ആ നാമോ രൂപവുമാണ് നമുക്കറിയാം ഈ നാമോ സത്യമല്ല ഇത് കാണുന്ന ഈ ആകൃതി സത്യമല്ല ഇത് ഏത് രീതിയും ഏതാകൃതിയും സ്വീകരിക്കാം ഈ പേരിനും സ്ഥായിത്വമില്ല ഏതു പേരും സ്വീകരിക്കാം ഇതൊക്കെ അറിഞ്ഞാലും ശരി നമുക്കൊരിക്കലും അവിടെ തത്വചിന്ത ചെയ്യുന്നവനുപോലും അവിടെ അഭേദ ബുദ്ധിപരും വേറിട്ടെ അനുഗ്രഹിക്കാൻ കഴിയും വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാലും വേറിട്ടെ ഗരിക്കാൻ പറ്റും കാരണം അവിടെ ആ തത്വദൃഷ്ടിയെല്ലാം മറിച്ച് നമ്മളെ പ്രബലമായി സ്വാധീനിക്കുന്ന എന്താണ് ആ നാമരൂപങ്ങളാണ് നാമരൂപങ്ങളിലൂടെ നമുക്കത് വിഷയമാകുന്നു അതുപോലെ ഇവിടെ നമ്മൾ കൽപ്പിക്കുന്ന ഈ പ്രമാണ പ്രമേയ ഭേദങ്ങൾ ഇതൊന്നും പരമാർത്ഥമല്ല ഇതറിവ് ഈ അറിവിലൂടെ അതിനെങ്ങനെ പ്രത്യക്ഷമായി അറിഞ്ഞു അത് പ്രമേയമായി അനുമാനത്തിലൂടെ അറിഞ്ഞു അപ്പോൾ അവിടത്തെ വിഷയം പ്രമേയമായി ഉപമാനത്തിലൂടെ ശബ്ദത്തിലൂടെ അർത്ഥാപത്തിയിലൂടെ അഭാവത്തിലൂടെ ഏത് വേണോ പറയാം ഒരുപാട് പ്രമാണങ്ങൾ പറയാം പ്രമാണങ്ങളുടെ തന്നെ എണ്ണം എത്രയാണെന്ന് നിർണയിക്കാൻ പ്രയാസമാണ് അങ്ങനെ അറിയുന്ന അറിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പ്രമാണ പ്രമേയ ഭേദത്തെ കൽപ്പിക്കുന്നു ഭേദത്തെ കൽപ്പിക്കുക മാത്രമല്ല ഈ ഭേദം സത്യമാണെന്ന് കരുതുന്നു ഏകമായ ഒന്നിൽ ഈ ഭേദങ്ങൾ കൽപ്പിക്കുകയും ആ ഭേദങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് കരുതുകയും ചെയ്യുന്നത് അസംബന്ധമാണ് മഹിത്തത്ര ിൽ ജ്ഞാന വിഷയങ്ങളിൽ ജ്ഞാനത്തിലും വിഷയത്തിലും പ്രമാണ പ്രമേയഭേദ സഖ്യതെ കൽപ്പയിതും അവിടെ ഈ പ്രമാണ പ്രമേയഭേദങ്ങളെ പരമാർത്ഥമായി കൽപ്പിക്കുന്നത് ശരിയല്ല അസാധ്യവുമല്ല നിത്യഭിപ്രായ അതുകൊണ്ട് ഈ ഭാഗം ഇവിടെ പറഞ്ഞ ഭാഗം ശരിക്കും ഗ്രഹിക്കേണ്ടതാണ് മനനം ചെയ്യേണ്ടതാണ് എന്നർത്ഥം വാസ്തവത്തിൽ ഇത് മനനം ചെയ്തവർ ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ മനനം ചെയ്ത് ഗ്രഹിക്കേണ്ടത് ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് നമ്മൾ ഗ്രഹിച്ചിട്ട് പിന്നെ മനന ഇവിടെ മനനം ചെയ്തതിനു ശേഷം ഗ്രഹിക്കേണ്ട കാര്യമാണ് ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ വാക്കുകൾ എപ്പോഴാണോ നമ്മൾ നിരപേക്ഷമായി ഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ അതിലെ സത്യം നമുക്ക് പ്രകാശിക്കത്തുള്ളൂ അതിന് നിരപേക്ഷമായൊരു ബുദ്ധി വേണം എന്നാലെ പറ്റി ബുദ്ധിമാൻ എന്നുള്ള അർത്ഥത്തില ഞാൻ പറയുന്നു നിരപേക്ഷമായ ബുദ്ധി എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അവരുപദേശിക്കുന്നത് അതേ രീതിയിൽ ഉള്ളിൽ പ്രതിഫലിക്കുന്നു അതിനുള്ള ഒരു ശേഷി ആ ബുദ്ധി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്പമായ അറിവും നമ്മുടെ ക്ഷുദ്രമായ സംസ്കാരവും അതിനോട് കൂട്ടിച്ചേർത്ത് അതിനെ പരിവർത്തനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കരുത് ശ്രവണം മാത്രേ തന്നെ ഗ്രഹിക്കാൻ കഴിയൂ ചിന്തിക്കാതെ തന്നെ ഗ്രഹിക്കാൻ കഴിയും എന്നാലേ അത് പൂർണമായും പ്രകാശിക്കത്തുള്ളൂ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല നമ്മൾ ശ്രവിക്കും പിന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുകയും ചെയ്യും അപ്പോ എന്തു ചെയ്യും ശ്രവണം വ്യക്തമാകത്തില്ല ചിന്ത കാടുകയാണ് അതങ്ങനല്ല നിരപേക്ഷമായി ഗ്രഹിക്കുമ്പോൾ എന്താണോ അവിടെ പിന്നെ ചിന്തയുടെ ആവശ്യമുണ്ട് യഥാ ഉപദേശം യഥാ ഉപദേശുക തഥാ പറഞ്ഞ എങ്ങനെയാണോ ഉപദേശം അതുപോലെ ആയിരിക്കും പറജ്ഞ ഇതങ്ങനെയല്ല ഉപദേശം ഒരു തരത്തിലായിരിക്കും നമ്മുടെ ചിന്ത വേറെ തരത്തിലായിരിക്കും പ്രജ്ഞ മറ്റൊരു തരത്തിലാവും ഉപദേശത്ത് നിന്ന് നമ്മൾ അകന്നു പോകും പിന്നെ അതിനുള്ള ഒരുപാട് പിന്നെ മനനം തന്നെ ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടി പിന്നെ മനനം ചെയ്യുക നമ്മളൊരു വഴിയാത്ര ചെയ്യുന്നു ഹിമാലയത്തിലേക്ക് പോകുന്നു വഴി തെറ്റിപ്പോയി മാറിപ്പോയി പിന്നെ ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടി പിന്നെ ഒരു യാത്ര തെറ്റിയ സ്ഥലത്ത് നിന്ന് അവസാനം ശരിയായ വഴി വന്ന് വീണ്ടും നമ്മോട്ട് പോകും ഇതങ്ങനെയല്ല വഴി തെറ്റുന്നുണ്ട് ശരിയായ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അവിടെ മുൻ ധാരണകൾക്കും മറ്റ് സംസ്കാരങ്ങൾക്കൊന്നും നമ്മുടെ അറിവിനെ സ്വാധീനിക്കാൻ അവസരം കൊടുക്കുന്നുള്ളൂ അവിടെ ഗ്രഹണം അത് മാത്രമേ നടക്കുന്നുള്ളൂ നടക്കാൻ പഴപ്പു മറ്റൊന്നും അവിടെ നടക്കരുത് അതിന് പിന്നെ മനനത്തെയും മറ്റും ആശ്രയിക്കും അതുകൊണ്ടാണ് പലയിടത്തും നമുക്ക് അത് ബുദ്ധിമുട്ടായിത്തോന്നു ിക്കുക അത് മാത്രം സംഭവിക്കുക നമ്മുടെ മനസ്സാദിനു മാത്രം സന്നദ്ധമായിരുന്നാല് എന്താണവിടെ ഇവരുപദേശിച്ചത് അതേപടി തന്നെ ഇവിടെ പതി പ്രമാണ പ്രമേയ ഭേദ കൽപ്പയിതും എഭിപ്രായ അതുകൊണ്ട് ഈ ജാഗ്രസ്വപന അനുഭവങ്ങളിൽ ഈ അനുഭവങ്ങൾ നിലനിർത്തുന്ന അറിവ് അതിനാണിവിടെ പ്രാധാന്യം അല്ലാതെ ഈ അനുഭവങ്ങൾക്കല്ല ഈ അനുഭവത്തിൽ നമുക്ക് പ്രമാണ പ്രമേയങ്ങളെല്ലാം കൽപ്പിക്കാം പക്ഷെ അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഭേദത്തെ കൽപ്പിക്കാൻ ഇവിടെ എല്ലാം അഭേദമായി വരണം അതാണ് അദ്വൈതം എന്ന് പറയുന്നത് ഭേദം അനുഭവപ്പെടുന്നിടത്തും പരമാർത്ഥത്തിൽ അഭേദമാണ് എന്ന് ധരിക്കുക എന്തുകൊണ്ട് ഇത് ഒന്നിന്റെ സ്പന്ദനമാണ് അവൻ്റെ ഇവിടെ ഭേദം നിലനിൽക്കില്ല അഭേദമേ നിലനിൽക്കോളൂ അപ്പോ തുര്യൻ ഏകനാണ് അദ്വൈതനാണ് എന്ന് മാത്രമല്ല പറയുന്നത് ഇനി തുര്യനെ പറ്റിട്ട് ജാഗ്ര സ്വപ്നത്തിലേക്ക് വന്നാലും അവിടെയും ഭേദവും അഭേദവുമാണെന്നാണ് എടുത്ത് പറയുന്നത് അല്ലാതെ ഇവിടെ ഭേദം അവിടെ അഭേദമൊന്നുണ്ടാവില്ല ഇവിടെയും അഭേദം തന്നെയാണ് ജാഗ്രത സ്വപ്നത്തിനും അഭേദം തന്നെയാണ് അങ്ങനെ വരാൻ വഴിയുള്ളൂ കാരണം അതാണ് ഒന്നേ ഉള്ളൂ അപ്പം എങ്ങനെ ഒരിടത്ത് അദ്വൈതവും മറ്റൊരിടത്ത് അദ്വൈതവും വരുന്നത് അതുകൊണ്ടാണ് അജാതവാദത്തിൽ വ്യാവഹാരികമായൊന്ന് അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നത് ഒന്ന് പരമാർത്ഥം മറ്റൊന്ന് പ്രതീതി രണ്ടേ വ്യവഹാരത്തെ അംഗീകരിക്കുമ്പോൾ നമുക്കവിടെ ഭേദത്തെ അംഗീകരിക്കേണ്ടി അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് പരമാർത്ഥവും അതിനുള്ള പ്രതീതി ആ പ്രതീതിയാണ് ജാഗ്രത സ്വപ്ന സുശക്തി പരമാർത്ഥമാണ് ആ പ്രതീതിയെ നിലനിർത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളെയാണ് അപ്പോൾ ആ പരമാർത്ഥത്തിൽ നിന്നുകൊണ്ട് ഈ പ്രതീതികളെ അനുഭവിക്കുക അതാണ് അദ്വൈതി ചെയ്യുന്നത് അത് പരമാർത്ഥത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പരമാർത്ഥമായി നിൽക്കുന്നു അവിടെ ഈ പ്രതീതികളെ അനുഭവിക്കുന്നു ആ പരമാർത്ഥത്തിലൂടെ പ്രതീതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരമാർത്ഥത്തിന് അതാണ് നേരത്തെ വിവേകി എന്ന് പറയുന്നത് ആ വിവേകത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ഒരാളെ ഇവിടെ വിവേകി എന്ന് പറഞ്ഞിരിക്കുന്നത് ോന്യദൃശ്യേം തീതി നോച്യത്തെ ലക്ഷണശൂന്യുഭയ തന്നെ ദൃശ്യത്തെ